I feel you are the same as my heart. I feel you are the same as my heart. I feel you are the same as my heart. സ്വായേഷ പ്രാണമയ ആത്മാവ് ആ പ്രാണമയനായ ആത്മാവ് പുരുഷവിധൈവ പുരുഷാക്കാരൈവ് അന്നമയനായ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ിക്കുന്നു പുരുഷരൂപത്തിലാണ് എങ്ങനെ ശിലപക്ഷാതി തസ്മാ അ പുരുഷവിദദ്ധതാ പുരുഷാകാരതാം അനു അയം പ്രാണയമ പുരുഷോ മൂഷാ നിഷക്തപ്രതിമാവ എങ്ങനെയാണോ അന്നമയൻ പുരുഷരൂപത്തിലിരിക്കുന്നത് അതുകൊണ്ട് ആ പുരുഷരൂപത്തെപ്പോലെ അന്വയം അതിനനുസരിക്കുന്നതായ പ്രാണമയനും പുരുഷരൂപത്തിലാണ് എന്തുകൊണ്ട് പറഞ്ഞു മൂഷ നിഷിദ്ധപ്രതിമാവത് മൂഷയിൽ പ്രതിമയും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിനകത്തേക്ക് ലോഹം ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആകാരത്തിലാകുന്നു പ്രതിമ പോലെ പ്രതിമയുടെ ആകാരം മൂഷയിലുണ്ടായിരുന്ന ആകാരം പ്രതിമയിലേക്ക് വരുന്നു അതുപോലെ ഈ അന്നമായ പുരുഷൻ പുരുഷാകാരൻ ആണ് അങ്ങനെയുണ്ടെങ്കിൽ പ്രാണമയനും അതുപോലെ പുരുഷരൂപത്തിലാണ് ന സ്വതേയോ സ്വത അങ്ങനെയല്ല ഒന്നിനനുസരിച്ച് മറ്റൊന്നാകുന്നു പൂർവസ്യ പൂർവസ്യ പുരുഷവിധ അനു ഉത്തരോത്തര പുരുഷവിധോ ഭോതി അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം അന്നമ്മയൻ പുരുഷരൂപത്തിലിരിക്കുന്നു അതുകൊണ്ട് പുരുഷരൂപം എന്ന് പറയുമ്പോൾ ഒരു ശരീര രൂപം ഉദ്ദേശിക്കുന്നു അന്നമ്മയൻ ഒരു ശരീരരൂപത്തിലാണ് ശരീരരൂപം കാലും വാലും പക്ഷങ്ങളും എല്ലാമാണ് ഒരു ശരീരൂപം ആ ശരീരം നാനാ ശരീരം മനുഷ്യനും മൃഗവും പക്ഷികളും എല്ലാം ആ ശരീരങ്ങളാണ് അന്നമ്മൊരു ശരീരത്തോടുകൂടി അതുപറഞ്ഞെന്താണ് അത് അന്ന രസവികാരമാണ് അതുപോലെ ഉത്തരോത്തര പുരുഷഹിതോഭൂതി തുടർന്നു വരുന്ന ഓരോ കോശങ്ങളും അതുപോലെ ശരീരരൂപമാണ് സ്ഥൂലത്തിലുള്ളതുപോലെ ഒരു രൂപം സൂക്ഷ്മത്തിനുണ്ട് അനു ഉത്തരവര പുരുഷവിധോത്തരേണ പൂർവപൂർവമായിട്ടുള്ളത് ഉത്തരോത്തരത്താൽ പൂർണമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അന്നമയം മനോമയെന്നാലും പ്രാണമെന്നാലും വിജ്ഞാനമേനാലും ആനന്ദമേനാലും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അതനുഭവമാണ് അന്നമയമായ ഈ പുരുഷൻ അന്നമയമായ ഈ രൂപത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണൻ മനസ്സ് ബുദ്ധി ആനന്ദമെല്ലാം അനുഭവിക്കുന്നു അപ്പം ഇത് ഒന്നിൽ മറ്റുള്ളതെല്ലാം വ്യാപിച്ചിരിക്കുന്നു തുടർന്നു വരുന്ന ഓരോന്നും അതിന് മുമ്പിലുള്ളതിനോട് ഏകീകരിച്ചിരിക്കുന്നു കഥ പുനഃപുരുഷവിധമുരുഷഭാവം വരുന്നത് ആ പ്രാണമയന്റെ ശിരസ് എന്താണ് പ്രാണൻ തന്നെ മുഖ്യപ്രാണൻ എന്താണ് പ്രാണമയസ്യ വായു വികാരോ മുഖനാസിക നിസ്സരണോ വൃത്തിവിശേഷ ശിരേവ പരികല്പ്യത വചന പ്രാണമേശ്യ വായുവികാരശ്യ വായുവികാരമായാണ് പ്രാണൻ അങ്ങനെയുള്ള പ്രാണോ ആ പ്രാണനെങ്ങനെയുള്ളാണ് മുഖം നാശിക നിസ്സരണം വായുവിന്റെ വികാരമായിട്ട് പ്രാണനിസ്വീകരിച്ചിരിക്കുന്നു വായുവിന്റെ പ്രണാവമായിട്ട് അതിൽ പ്രാണാപാന ഉദാനമാരെന്ന് പറയുന്നത് വായുവിന്റെ വൃത്തിയാണ് എന്നുവെച്ചാൽ അതിന്റെ പ്രവൃത്തിയാണ് ഓരോ വിശേഷ പ്രവൃത്തിയാണ് വായിലൂടെയും മൂക്കിലൂടെയും അതാണ് മുഖ നാസിക നിസ്സരം വൃത്തിവിശേഷ അങ്ങനെ ഒരു പ്രത്യേക പ്രവൃത്തിയോട് കൂടിയത് വായുവികാരം എന്ന് പറയും അതാണ് പ്രാണൻ അത് ശിരയോ പരിക്കൽപയോ അതാണ് ശിരസ് വചന സർവത്ര വചനാദേവ പക്ഷാതി കല്പന ശ്രുതി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കല്പിക്കുന്നു അല്ലാതെ ഇതിന് വേറെ യുക്തിയൊന്നും കൊണ്ടല്ല വചന അതെന്ന് പറഞ്ഞാൽ ശ്രുതി പ്രമാണ ശ്രുതി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് അതിനങ്ങനെ സ്വീകരിക്കുന്നു അന്നമയന പറഞ്ഞതുപോലെ ആകാശ ആത്മാ ആകാശ വൃത്തിവിശേഷ സമാനാഖ്യ സ ആത്മാവ ആത്മാ നേരത്തെ പറഞ്ഞു അംഗങ്ങളുടെ മധ്യഭാഗമാണ് ആത്മാവ് അതുപോലെ ഇവിടെ ആകാശം ആത്മാവെന്ന് പറഞ്ഞു ആകാശം എന്ന് പറയുന്നത് സമാന പ്രാണനെടുക്കണം എന്തുകൊണ്ട ആകാശ വൃത്തിവിശേഷം ശരീരമധ്യത്തിൽ ആകാശത്തിൽ ഇരിക്കുന്ന വൃത്തിവിശേഷമാണ് പ്രവൃത്തിവിശേഷമാണ് പ്രാണന്റെ സമാനം മുഖ്യമായതുകൊണ്ട് ആത്മാവൃത്തി അധികാര മധ്യസ്ഥത്വ അത് മധ്യസ്ഥമാണ് സമാൻ മധ്യത്തിലാണ് ദേഹമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണ പ്രവൃത്തിയാണ് സമാന ഇതര പര്യന്ത വൃത്തി അപേക്ഷ ചുറ്റിപ്പറ്റിയുള്ള മറ്റു വൃത്തികൾ പ്രാണൻ അപാനം ഉദാനൻ വ്യാനം തുടങ്ങിയ മറ്റ് വൃത്തികൾ അതിനെ അപേക്ഷിച്ച് എന്താണത് മധ്യത്തിനാണതുകൊണ്ട് അത് ആത്മാവാണോ മധ്യം ഹി ഏഷ അങ്കാനാം ആത്മാ അംഗങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നതിന് ആത്മാവെന്ന് പറയുന്നു എന്റെ സ്വരൂപം എന്ന് പറയുന്നത് അതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു നിലനിൽക്കുന്നു ഇത് ശ്രുതി പ്രതി പ്രസിദ്ധം മധ്യസ്ഥ ആത്മത്വം ശ്രുതി പറയുന്നു മധ്യത്തിലേതോ അത് ആത്മാ ഏതിൻ്റെയും അതിനാത്മാവെന്ന് പറയാം പരമാത്മാവെന്നുള്ള അർത്ഥത്തിലല്ല ഒരു വസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നത് എന്താണ് എന്റെ മധ്യത്തെ മധ്യമെന്ന് പറഞ്ഞാൽ എന്ത് അതിന്റെ എല്ലാ ഭാഗങ്ങളും ഏതെന്തിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നത് അതുകൊണ്ട് മധ്യം എന്നുള്ള നിലയ്ക്ക് സമാനം ആണ് ആത്മാവ് പൃഥ്വി ഉച്ഛം പ്രതിഷ്ഠ അതിനൊരു വാല് വേണോ പൃഥിവി ആണോ പ്രാണനെ ധരിക്കുന്നവൾ അപാന പ്രാണനെ ധരിക്കുന്നവൾ സ്ഥിതിഹേതുവ അതിനാശ്രയിച്ചാണ് മറ്റു പ്രാണന്മാർ സ്ഥിതി ചെയ്യുന്നു ശേഷ പുരുഷ അപാനം അവഷ്ടഭ്യന്തരം പുരുഷനത്തിൽ പറയുന്നുണ്ടെന്നാണ് അപാനൻ ആശ്രയിച്ച് പുരുഷൻ സ്ഥിതി ചെയ്യുന്നു ഈ ശരീരത്തിൽ നിന്നും മറ്റും അതുകൊണ്ട് അതിനെ ഇതിന്റെ അപ്പോൾ പുരുഷന്റെ രൂപം വന്നു അന്യഥ ഉദാന വൃത്തിയ ഊർധമനം ഗുരുത്വാച്ച പതനം ബാസ്യ ശരീരത്തിൽ അപ്പോൾ ശരീരത്തിന്റെ സ്ഥിതിക്ക് മുഖ്യ ഹേതു എന്താണ് അപാനനാണ് അത് ശരീരത്തെ നിലനിർത്തുന്നു അല്ലെങ്കിൽ ഉദാന വൃത്തിയാ ഊർധഗമനം ഉദാനം മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്ര അതിനനുസരിച്ച് ശരീരത്തിനും മുകളിലേക്ക് ഗതി വരണം അല്ലെങ്കിലോ ശരീരത്തിൽ ഗുരുത്വമുള്ളതാണ് ഭാരം അതുകൊണ്ട് ശരീരം നിലത്ത് പതികൾ ഇത് രണ്ട് സംഭവിക്കുന്നുണ്ട് സംഭവിക്കാതെ ശരീരത്തിന്റെ സ്ഥിതിക്ക് ഏതുവായിരിക്കുന്ന എന്താണ് ഈ അപാനവൃത്തിയാണ് ശരീരത്തസ്മാത് പൃഥിവി ദേവത പുച്ഛം പ്രതിഷ്ഠ പ്രാണമഹസ്യാത്മന അവിടെ പൃഥിവി ആണതിൻ്റെ ദേവത അതാണിതിൻ്റെ പുച്ഛരൂപത്തിലുള്ള ആശ്രയം പ്രാണമഹസ്യാത്മന േവാർത്ഥേണമയാ വിശേഷ ശ്ലോകഭൂതികാര്യത്തെ വിശദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം എന്താണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ അതിനുവേണ്ടി വ്യാഖ്യാനിക്കുന്നു പ്രാണം ദേവ അനുപ്രാണന്തി മനുഷ്യ പശവസ്ഥയെ പ്രാണോ ഹി ഭൂതാമായു तस्मा सर्वायुषम उच्य आयु प्राण ब्रह्मोपासते आयु तस्ुष्य शरीर आत्मा पर्व തസ്ാണമയാ അന്യോ ആരാത്മാ മനോമയ തന്നേ പൂർണ്ണ സ വാഷ പുരുഷവിധേവരുഷവിധം പുരുഷവിധുരേവിര निर्दक्षिणपक्षम आदेश आत्मा अथर्स उत्सति तदप्येश प्राण देवा अण्वाग्नियाह प्राण वायुआत्मा प्राणिमंदमुत्मूद प्राणी സവിശേഷതകൾ പറയുകയാണ് പറയുന്നത് വായു ആത്മാനം ശക്തിമന്ദം വായു പ്രാണ പ്രാണന ശക്തിമന്ദം ചലനശക്തിയോടുകൂടിയിരിക്കുന്നു അതിന് തതനു താസ അതിനോട് താതാത്മ്യപ്പെട്ടു അതിന്റെ ശക്തി കൊണ്ട് പ്രാണന്തി ചലിക്കുന്നുവന്തി അതാതിന്റെ വ്യാപാരം ചെയ്യുന്നു മറ്റ് ദേവന്മാർ അഗ്നി ആദികൾ വായു അഗ്നി പൃഥിവി എല്ലാം പ്രാണനക്രിയ ക്രിയാവന്ത പ്രാണൻ ഉള്ളതുകൊണ്ട് അത് ചലിക്കുന്നു പ്രാണൻ ഉള്ളതുകൊണ്ടതിനും അതെല്ലാം പ്രാണവത്തായിരിക്കുന്നു എന്ന് പറയാം ഇനി അധ്യാത്മാധികാര ദേവ ഇന്ദ്രിയാണ് ഈ പ്രാണം അല്ല പ്രാണന്റെ അല്ല ചേഷ്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അഗ്നിയാതിദേവതകളും വായുവാദിദേവതകളുമായി ആദ്ധ്യാത്മികമായി പറഞ്ഞാലോ ഈ ശരീരത്തിലുള്ള അധ്യാത്മാധികാര ഈ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടിവിടെ ദേവന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെന്നുവിടെ ദേവന്മാർക്ക് രണ്ടർത്തും ചിലയിടത്ത് അഗ്നിദേവതകൾ ചില സ്ഥലങ്ങൾ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് ദേവന്മാരാണ് പ്രാണം അനുപ്രാണന് ഈ ആ പ്രാണനുസരിച്ച് പ്രവർത്തിക്കുന്നു മുഖ്യപ്രാണം അനു ചേഷ്ട പ്രാണനുണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾക്ക് ചലിക്കാൻ പറ്റും പ്രാണം ദേവ അനുപ്രാണന്തി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലിരിക്കുന്ന പ്രാണനെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു അങ്ങനെ അർത്ഥങ്ങൾ തഥാ മനുഷ്യ പശുവസ്സിയത്തെ പ്രാണകർമ്മണ ഏവ ചേഷ്ടാവുന്തോ ഭവന്തി പറഞ്ഞാൽ ഇവിടെ പുരുഷനെന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവശരീരങ്ങളും അതുകൊണ്ട് പറയുന്നു മനുഷ്യ മനുഷ്യർ പശുവസ്സ മൃഗങ്ങൾ കർമ്മണ ഏവ ചേഷ്ടാവ ഇവയിലെല്ലാം പ്രാണനുണ്ടോ അവിടെ ചലനമുണ്ട് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിന്റെ എല്ലാം ചലനം പ്രാണനാശ്രയിച്ചിട്ടാണ് മനുഷ്യ പശവസ്ഥേ പ്രാണം അനുപ്രാണന്തി എന്നാണ് അതസ്ഥ നാനമയനേവ പരിച്ഛിന്നേന ആത്മന ആത്മവന്ത പ്രാണന അതുകൊണ്ട് അന്നമയമായ ആത്മാവ് അതുകൊണ്ട് മാത്രം ആത്മവത്തുക്കളല്ല പ്രാണികൾ അവിടെ പ്രാണായമയമായ ആത്മാവും വേണം ഇവിടെ ഇതിന് ഓരോ ആത്മാക്കളായി പറയണൊന്ന് അന്നമയനായ ആത്മാവ് ആത്മാവ് ഒന്ന് തന്നെ പക്ഷെ അവിടെ അന്നത്തോട് താതാന്ത്യപ്പെട്ടിരിക്കുന്ന അന്നമയമായ ഈ സ്ഥൂലത്തോട് താതാന്ത്യപ്പെട്ടിരിക്കുന്ന ആത്മാവ് അതിനമയം എന്ന് പറയും അത് കഴിഞ്ഞ് പ്രാണമയനെന്ന് പറയുമ്പോഴും അത് തന്നെ ഈ സൂക്ഷ്മമായ സർവത്തെയും ചലിപ്പിക്കുന്ന പ്രാണനോട് താതാമ്യപ്പെട്ടിരിക്കുന്ന ആത്മാവ് അന്നമയനേവ പരിച്ഛിന്നേനാത്മനാത്മവന്താണോ ഇതില്ലാതെ കേവലം അന്നമയായിരിക്കാൻ ആർക്കും കഴിയത്തില്ല പ്രാണമയനാകാതെ ഇവിടെ ഒന്നും പ്രവർത്തിക്കത്തില്ല കിംതർഹി തത് അന്തർഗതേന പ്രാണമയേനാഭി മനുഷ്യാദികളിൽ എങ്ങനെയിരിക്കുന്നു തദ്മയനായ ആത്മാവിൽ അതെങ്ങനെ അത് സർവസാധാരണമായിരിക്കുന്നു സർവ്വ ഇന്ദ്രിയങ്ങളെയും അത് പ്രവർത്തിപ്പിക്കുന്നു മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നു ശരീരത്തെ ചലിപ്പിക്കുന്നു സർവപ്രാണനത്തിനും സർവചേഷ്ടക്കും അത് ആധാരമായിരിക്കുന്നു സർവപിണ്ട വ്യാപന ഈ സർവശരീരത്തിനത് വ്യാപിച്ചിരിക്കുന്നു അതും കൂടി അതിൻ്റെ കൂടി സഹായത്താലാണ് ആത്മവാനായിരിക്കുന്നത് മനുഷ്യദേഹ താനായിരിക്കുന്ന താൻ താനെന്ന് തന്നെ ഗ്രഹിക്കുന്നത് കേവലം ഈ സ്ഥൂല ശരീരത്തെ മാത്രം ആശ്രയിച്ചിട്ടല്ല പ്രാണ ആത്മാവിനെ കൂടെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ സാധാരണ പ്രകടനഗ്രന്ഥങ്ങളിൽ അന്നമയാദി കോശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അന്നമയം സ്ഥൂല ശരീരം പ്രാണമയം ഇങ്ങനെ വേർതിരികയായിരുന്നു അവിടെ വേർതിരിച്ച് മനോമയം വിജ്ഞാനമയം ഇങ്ങനെ വേർതിരിച്ച് ആനന്ദമയം അതിനപ്പുറം ആത്മാവ് അങ്ങനെ ഇവിടെ ആ രീതിയല്ല ഇവിടെ ഓരോന്നും ആത്മാവാണ് അന്നമയനായ ആത്മാവ് ആത്മാവ് അന്നമയമായ ഈ ശരീരത്തോട് അനന്യമായിരിക്കുന്നു ഇവിടെ ആത്മാവ് ഇന്ന പ്രാണനോട് അനന്യമായിരിക്കുന്നു പ്രാണമയനായ ആത്മാവ് ഈ രണ്ട് ആത്മാക്കളും അനന്യമായിരിക്കുന്നു അന്ന പ്രാണമയ ആത്മാക്കൾ അനന്യമായ ഒന്നായിരിക്കുന്നു അവിടെ ഓരോന്നിനെയും പുരുഷനായി പറയുന്നു ഓരോന്നും ആത്മാവായി പറയുന്നു അതാണ് മറ്റ് പഞ്ചകോശ വിവേചനത്തിൽ നിന്നും ഇവിടെ വരുന്ന ൂർവവ്യാഭി ഉത്തരോത്തരക്ഷനന്ദമയാതൈ ആകാശാദിഭൂതാരവിദ്യേ പ്രാണിതാണമേ കൊണ്ടുവരുവൻ ഒരു പ്രാണി താനെന്നറിയുന്നു ആത്മവത്തായി അന്നമേനം പ്രാണമേനും അതുപോലെ മനോമയാദിഭനോമയപുരുഷനും ഈ പഞ്ചപുരുഷന്മാരും മനോമയാധി പൂർവ്വപൂർവ്വവ്യാപിഭി ഓരോന്നും പൂർവപൂർവ്വവ്യാപികളാണ് നേരത്തെ പറഞ്ഞു ആ പ്രാണമയൻ അന്നമയത്തിൽ വ്യാപിച്ചിരിക്കുന്നു രണ്ടും താതാമ്യപ്പെട്ടു ഒന്നായി മനോമയൻ പ്രാണമയനിൽ വ്യാപിച്ചിരിക്കുന്നു വിജ്ഞാനമയൻ മനോമേനൽ വ്യാപിച്ചിരിക്കുന്നു ആനന്ദമയൻ വിജ്ഞാനമേനൽ വ്യാപിച്ചിരിക്കുന്നു ഇവ ഓരോന്നും പൂർവത്തിലുള്ളതിനോട് വ്യാപിച്ചിരിക്കുന്നു നണുപ്പുറവൂർവ്യാപി ഉത്തരോത്തരേ സൂക്ഷ്മേഹി ആനന്ദമയാന്തേ ആനന്ദമയം വരെയുള്ള ഇതെന്താണ് ഈ കോശങ്ങൾ ആകാശാദി ഭൂതാരബ്ധി ഇതെല്ലാം ആകാശാദിഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് തസ്മാ ആകാശ സംഭൂതാകാശമുണ്ടായി ആകാശാദി മഹാഭൂതങ്ങളുണ്ടായി ആകാശാദി മഹാഭൂതങ്ങളിൽ നിന്നും ഈ കോശങ്ങളുണ്ടായി ആത്യന്തികമായ എന്താണ് അവിദ്യാകൃത ഈ അവിദ്യാകൃതമാണ് പുരുഷന്റെ അജ്ഞാനകൃതമാണ് ഈ കോശങ്ങളെ കൊണ്ട് ആത്മവന്ത സർവേ പ്രാണി അഹ ഇതുകൊണ്ട് ഓരോ പ്രാണിയും ആത്മവത്തായിരിക്കുന്നു അസ്തിത്വമുള്ളവരായിരിക്കുന്നു അഹമസ്മി എന്നിങ്ങനെ അറിയുന്നു താൻ താനെന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ പ്രാണികളും അത് കൊണ്ടാണ് ഓരോ പ്രാണിക്കും അന്നമയമായ സ്ഥൂല ശരീരാനുഭവം മനസിന്റെ അനുഭവം പ്രാണന്റെ അനുഭവം ആനന്ദത്തിന്റെ അനുഭവം വിജ്ഞാനത്തിന്റെ അനുഭവം എല്ലാം ഉണ്ടാകുന്നത് തഥാ സ്വാഭാവികേന വ്യാകാശാദി കാരണേന നിത്യേന അപകൃതേന സർവകഥേനെ സത്യജ്ഞാനന്ദക്ഷണേന പഞ്ചഘോഷ സർവാത്മനാ എന്നവ അതുപോലെ എങ്ങനെയാണോ ഞാൻ അന്നമയനായിരിക്കുന്നത് ഞാൻ ഈ സ്തുകല ശരീരത്തോടുകൂടിയവനാണ് പറയുന്നത് ഞാൻ മനസ്സ് ഉള്ളവനാണ് ബുദ്ധിയുള്ളവനാണ് പ്രാണനുള്ളവനാണ് ആനന്ദമുള്ളവനാണ് എന്നിങ്ങനെ ഒരു ജീവൻ ആത്മവത്തായിരിക്കുന്നു അതുപോലെ തന്നെ ആത്മവത്ത ആത്മവത്തായിരിക്കുന്നു സത്യജ്ഞാനാനന്തരവുമായ പരമാത്മാവിനാലും സ്വാഭാവികേന ആകാശാദികാരണേന ആകാശാദികൾക്കും കാരണമായിരിക്കുന്ന നിത്യേന നിത്യമായിരിക്കുന്ന അപകൃതേന ഈ അന്നമയാദി വികാരങ്ങളൊന്നും സംഭവിക്കാത്ത സർവകഥേന ഇതിലും വ്യാപിച്ചിരിക്കുന്ന സർവവ്യാപിയായ അതെന്താണ് സത്യജ്ഞാന ക്ഷണേന സത്യജ്ഞാന അനന്തരൂപത്തിലുള്ള അത് പഞ്ചകോശ അധികേന ഈ പഞ്ചകോശങ്ങൾക്കും അപ്പുറമാണോ അതിനും ആധാരമായിരിക്കുന്നു പഞ്ചകോശങ്ങളും വ്യാപിച്ചിരിക്കുന്നു സർവാത്മന അങ്ങനെയുള്ള ആ സർവാത്മാവ് ഒരുവൻ ആത്മവത്തായിരിക്കുന്നു വാസ്തവത്തിൽ തന്റെ ആത്മവത്ത തന്റെ അസ്തിത്വം ഈ കോശങ്ങളെ ആശ്രയിച്ചല്ല ഈ കോശങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന സത്യം ഞാൻ അനന്തരൂപത്തിലുള്ള പരമാത്മാവിനാലാണ് താൻ ഉണ്മ്മയുള്ളവനായിരിക്കുന്നത് താൻ സത്തായിരിക്കുന്നത് ആത്മവത്തായിരിക്കുന്നത് അത് പഞ്ചകോശങ്ങൾക്കും അതീതനാണ് സഹി പരമാർത്ഥ ആത്മാർവേഷാം അതാണ് പരമാർത്ഥാത്മ ഇപ്പൊ ഞാൻ അറിയുന്നത് ഞാൻ ഈ ശരീരമായി അറിയുന്നു മനസ്സായും ബുദ്ധിയായും എല്ലാം അറിയുന്നുണ്ട് പക്ഷെ അതൊന്നും പരമാർത്ഥാത്മാവല്ല അത് സർവവ്യാപിയായ ആണോ നിറ്റിയത് അർത്ഥാത് ഉത്തംബോധി അപ്പോൾ ഇവിടെ ഓരോന്ന് ഓരോന്ന് കൊണ്ടും ഞാൻ ആത്മവത്തായിരിക്കുന്നു ഞാൻ സത്തായിരിക്കുന്നു ഉണ്മയുള്ളവനായിരിക്കുന്നു ഈ ഓരോ കോശവും തന്റെ ഉണ്മയാണെന്ന് പറയുമ്പോൾ ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്ന പരമാത്മാവിന്റെ ഉണ്മയാണ് അസ്തിത്വമാണ് ഇതെല്ലാം അനുഭവപ്പെടുന്നത് എന്നുള്ളതും ഫലത്തിൽ പറഞ്ഞിരിക്കുകയാണ് എടുത്തു പറഞ്ഞില്ലെങ്കിലും പ്രാണം ദേവ അനു പ്രാണന് തീത്യുക്തം തത് കസ്മാഹ പ്രാണനുസരിച്ച് ഇന്ദ്രിയങ്ങൾ ചേഷ്ടിക്കുന്നു തത്കസ്മാത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പ്രാണോ ഹി അസ്മാൂതാനാം പ്രാണിനാം ആയുർജ്ജീവനം പ്രാണനാണ് ഈ ജീവികളുടെ ജീവനം ആയുസ് അതുകൊണ്ട് ശരീരത്തിൽ പ്രാണനുള്ളിടത്തോളം ആയുസുണ്ട് ശരീരത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടാൽ ആയുസല്ല അതുകൊണ്ട് പ്രാണൻ തന്നെയാണ് ആയു ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാണോ ഹി ഭൂതാനം ആയുഹു തസ്മത് സർവ്വായുഷമുച്ചേ യധി അസ്മിൻ ശരീരേ പ്രാണവസതി താവത് ആയുഹു ശ്രുത്യം തരാ എത്ര ഈ ശരീരത്തിൽ പ്രാണൻ ഇരിക്കുന്നോ അത്രയും ശ്രുതി തന്നെ ആ കാര്യം പറയുന്നു ശ്രുതി പറയേണ്ട കാര്യമില്ല അനുഭവമാണ് ജീവന്മാരുടെ അനുഭവം കാണുന്നുണ്ട് പ്രാണൻ നഷ്ടപ്പെടുന്നു പിന്നെ അവിടെ ആയുസ് ഉണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല പ്രത്യക്ഷസിദ്ധമായ കാര്യമാണ് എന്നാലും നമ്മുടെ ഭാഷകാരന് ഏതിനും ശ്രുതി പ്രമാണം വേണം അവിടെ ശ്രുതി പ്രത്യക്ഷത്തേക്കാൾ പ്രബലമാണ് അത് പ്രത്യക്ഷത്തേക്കാൾ പ്രബലമായ അതാണ് സ്വത്തപ്രമാണമാണ് അതുകൊണ്ട് പ്രാണം പോയാൽ മരിക്കുമെന്നുള്ള പ്രത്യക്ഷമാണെങ്കിലും ശ്രുതി അത് പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പരമാർത്ഥമാകത്തുന്നു അതുകൊണ്ട് പറയുന്ന ശ്രുതിയിൽ അത് പറഞ്ഞിരിക്കുന്നു തസ്മ സർവായുഷം സർവേഷമായു സർവായു സർവായുരേവ അതുകൊണ്ടെന്താണ് ഈ പ്രാണൻ സർവായുസ് ആണ് സർവ പുരുഷന്മാരുടെയും ആയുസ്സാണ് സർവായുഷം സർവായു അതിനവിടെ സർവായുഷം എന്ന് പറഞ്ഞു സർവായു എന്ന് മനസ്സിലാക്കുന്നു തസ്മ സർവായുഷം ഉച്ചതേ എന്ന് പറഞ്ഞാൽ തസ്മ സർവായു പ്രാണന സർവായു എന്ന് പറയും പ്രാണാപകമേ മരണ പ്രസിദ്ധേ ഇനി പറയും ശ്രുതി മാത്രമല്ല അനുഭവമാണ് പ്രാണൻ വിട്ടുപോയാൽ മരണം സംഭവിക്കുന്നു പ്രസിദ്ധം ഈ ലോകെ സർവായിഷ്ടം പ്രാണസേ അതുകൊണ്ട് ലോകർക്ക് എല്ലാവർക്കും അറിയാം ശ്രുതി പറഞ്ഞില്ലെങ്കിലും എന്താണോ സർവർക്കും ആയുസായിരിക്കുന്ന ഈ പ്രാണൻ തന്നെയാണ് പ്രാണൻ വിട്ടുകഴിഞ്ഞാൽ മരണം അതോ അസ്മാദ് ബാഹ്യാദ് അസാധാരണാദ് അന്നമയാത്മനോ അപക്രമ്യ അന്ധസാധാരണമയം ആത്മാനം ഉപാസത്തെ ആരാണോ ബാഹ്യത് അസാധാരണ ഈ അന്നമയാദികളിൽ നിന്നും വേറിട്ടിരിക്കും പ്രാണമയാദികളിൽ നിന്നും വേറിട്ടിരിക്കുന്ന അന്നമയം അതാണ് ബാഹ്യാദ് അസാധാരണാത് അന്നമയാദ് അത് അസാധാരണമെന്നെന്തുകൊണ്ട് പറഞ്ഞു അത് അതിന് വേർതിരിച്ച് കാണിച്ചു അത് പ്രാണമയനല്ല മനോമയനല്ല വിജ്ഞാനമയനല്ല ബാഹ്യമാണ് സ്ഥൂലമാണ് അങ്ങനെയുള്ള അന്നമയനിൽ നിന്ന് എന്താണ് ആത്മനോ അപക്രമ്യ തന്റെ മനസ്സിനവിടെ നിന്ന് മാറ്റി അതിനുള്ള ആത്മബുദ്ധിയെ ഉപേക്ഷിച്ചിട്ട് അന്തസാധാരണം ഉള്ളിൽ സർവ ഇന്ദ്രിയങ്ങൾക്കും ആധാരമായിരിക്കുന്ന സർവ്വേന്ദ്രിയങ്ങളുടെയും ആത്മാവായിരിക്കുന്ന പ്രാണമയമാത്മാനം പ്രാണമയം പ്രാണമയാത്മാവിനെ ആത്മാവായ ബ്രഹ്മത്തെ ഉപാസത്തെ യോഹം അസ്വിപ്രാണഹ ഈ ഞാൻ അപ്രാണനാണ് അന്നമയനല്ല എന്ന് വാസിക്കുന്നു ഇത് വൈദികമായ ഉപാസന അങ്ങനെ ഒരാൾ വാസിക്കും ഞാൻ പ്രാണമയനല്ല ഞാൻ അന്നമയനല്ല പ്രാണമയനാണ് അങ്ങനെ ഉപാസിക്കാം ഞാൻ അന്നമയനും പ്രാണമയനുമല്ല മനോമയനാണ് ഞാനത് മൂന്നുമല്ല വിജ്ഞാനമേനാണ് ഞാനത് നാലുമല്ല ആനന്ദമേനാണ് ഇങ്ങനെയെല്ലാം ഉപാസിക്കാം ധ്യാനിക്കാം അങ്ങനെ ആരാണോ ഉപാസിക്കുന്നത് ഈ അഹം അസ്മി പ്രാണ് സർവഭൂതാനാം ആത്മാ ആയുഹോ സർവഭൂതങ്ങളുടെ ആത്മാവായിരിക്കുന്നത് ഞാനാണ് ഞാനാണ് ആയു ജീവൻ ഹേതുത്വ ജീവൻ നിലനിൽപ്പിന് ഹേതു ഇതാണ് ിത്തെ സർവമേവ ആരൊക്കെയാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത് അവർ സർവമേവ ആയുഹു അസ്മിൻ ലോകേ യന്തി അവർക്ക് ഈ ലോകത്തിൽ അവരുടെ മുഴുവൻ ആയുസിനും ജീവിക്കാൻ കഴിയും മുഴുവൻ ആയുസും ജീവിക്കാമെന്ന് പറഞ്ഞാൽ എന്താണോ അപമൃത്യനിയേ അപമൃത്യ കൊണ്ട് മരണം സംഭവിക്കത്തില്ല പ്രാണൻ ഉപാസിക്കുന്നവന് അപമൃത്യോ കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലാത്ത മരണം ഏതെങ്കിലും തരത്തിൽ സംഭവിക്കൂ സ്വാഭാവികമല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് പൂർത്തിയാക്കാതെ എങ്ങനെ മരിച്ചാലും അത് അപമൃത്യമാണ് ആയുഷ പ്രാപ്തമായിരിക്കുന്ന ആയുസ് പൂർത്തിയാക്കാതെ മരിക്കുന്നത് അപ്പം കൊടുത്തി വേണം സാധാരണ ജീവന്മാരെ കുറിച്ച് പറയുകയാണ് ജ്ഞാനികളെക്കുറിച്ചല്ല അവരെ സംബന്ധിച്ച് ആയുസ് വിഷയമല്ല അല്ലാതെ സാധാരണ ജീവന്മാർ അവർക്ക് പ്രാപ്തമായിരിക്കുന്ന ആയുസ് അത് പൂർത്തിയാക്കാതെ മരിച്ചു കഴിഞ്ഞാൽ അതെയും സ്വാഭാവികം വേദനായുസ് ശതം വർഷാണിതി യുക്തം സർവം ആയുധീശ്രസിദ്ധേ ശതം വർഷാണി എന്നെടുക്കാം നൂറ് വർഷം എന്നെടുക്കാം സർവായുസ് എന്ന് പറഞ്ഞ സർവം ആയു ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ശതായുർ വൈ പുരുഷ ഗുരുവന്റെ ശതം സമാഹ ജീവേമ ശരതശതം ഇങ്ങനെയെല്ലാം ഒരു നൂറ് വയസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ നൂറ് വയസ്സ് എത്താതെ മരിക്കുന്നവരെല്ലാം അപം വൃത്തി അങ്ങനെ മുമ്പ് സർവമായൊരു ഈശ്വര പ്രസിദ്ധി ഇപ്പൊ ആയുസ് എന്ന് പറയുന്നത് സാറിന് പറയും ആയുസ് എന്ന് പറയുന്നത് പ്രാരബ്ധലമാണ് ത് നശിക്കണം അത് നിശ്ചയിച്ചിരിക്കുന്നത് പ്രാരബ്ധമാണ് വായുസിലങ്ങനെ മുമ്പേ മരിക്കുക പിൻവീട് മരിക്കുക അങ്ങനെ ഒരു സംഭവിക്കും അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ ഇപ്പൊ സർവവായു ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സർവവായു സ്വത്തുന്നതിന് മുമ്പ് അങ്ങനെ മരിക്കാൻ പറ്റും കാരണം ശരീരം ഉണ്ടായത് പ്രാരബ്ധണ്ടാണ് കർമ്മഫലമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ സ്ഥിതിയും ശരീരത്തിന്റെ നാശവും കർമ്മത്തിന്റെ ഫലത്തെ ആശ്രയിച്ച് തന്നെ ആയിരിക്കും മുമ്പേ മരിക്കുക പിന്നീട് മരിക്കുക അതല്ല അങ്ങനെ സംഭവിക്കും അതുകൊണ്ടാണ് ഇവിടെ പൊതുവായ്മേ ശതം വർഷം നൂറ് വർഷം നടുക്കുക ആ നൂറ് വർഷം എത്തിയില്ലെങ്കിൽ അപ്പം അതെങ്ങനെ ശതം വർഷമാണ് ആയുസെങ്കിൽ എല്ലാവരും ശതം വർഷം എത്തണമല്ലോ അതിനുമുമ്പങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ അതിന് പറയുന്നത് പാപപുണ്യങ്ങൾ അപ്പോ മരണത്തിന് ശരീരനാശത്തിന് കാരണമായ പാപം തന്റെ ആധിക്യമുണ്ടെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്ന പാപാധിക്യം കൊണ്ട് നിശ്ചയിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ശതായ അതിനു മുമ്പ് തന്നെ ശരീരം നശിക്കും പ്രാരബ് പ്രാരബ്ധം അതിനനുകൂലിക്കുന്നു അതും പ്രാരബ്ധത്തിൽ ആ കണ കൂടി ചേർത്തിരിക്കുകയും അങ്ങനെ ഒരു കണക്കൂടി ചേർത്തിട്ടുണ്ട് പാപ ആധിക്യം ഉണ്ടെങ്കിൽ നേരത്തെ മരിക്കും ഏതെങ്കിലും തരുത്തി പിന്നെ ഈ രാജ്യം ശരീരനാശം സംഭവിക്കും നാപമൃത്തി പുണ്യത്തിന്റെ ആധിക്യമാണെങ്കിലോ അതായത് ശരീരനാശത്തിന് കാരണമായിരിക്കുന്ന ആ പാപത്തെ എല്ലാം പുണ്യം നശിപ്പിച്ചു നശിപ്പിച്ചു കഴിഞ്ഞാൽ ശതായുസ് വിരിക്കും ശതായുസ്സല്ല ദേശവും മരണകാരണമായ പാപം ശരീരത്തിൽ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരിക വേണ്ടിവരിക്കും അതിനെ നിയന്ത്രിക്കുന്നത് പാപപുണ്യങ്ങളാണ് അതുകൊണ്ട് ആയുസിനെ നീട്ടാനും കുറുക്കാനും എല്ലാം കഴിയും ആയുസ്സിനെ നീട്ടിക്കൊണ്ടുപോകും എന്താണോ പാപത്തെ നശിപ്പിക്കുന്നതിനുള്ള പ്രായശ്ചിത്തങ്ങളെല്ലാം ചെയ്താൽ മതി പ്രായശ്ചിത്തം കൊണ്ട് പാപം ഇല്ലാതാവും പാപമില്ലാതാവുമ്പോൾ ആയുസ് കൂടി വരും അല്ല ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ആ മരണകാരണമായ പാപത്തെ വർദ്ധിപ്പിക്കുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാലോ നിശ്ചിതമായിരുന്നു ആയുസ് കുറഞ്ഞു വരും അത് കർമ്മമാണതിന് നിയന്ത്രിക്കുന്നത് അത് പുരുഷന്റെ ഇച്ഛയ്ക്ക് അധീനവുമാണ് പുരുഷന് ആയുസ്സിന് നീട്ടാനും കുറയ്ക്കാനും എല്ലാം കഴിയും എല്ലാത്തിനും എല്ലാം ഈശ്വരന്റെ നിയമത്തിന് വിധേയമായി ഈശ്വരന്റെ നിയമത്തിലുള്ളതായില്ല ആയുസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നു അതുകൊണ്ടുകൂടെ പറയുന്നു ഇതൊരു പായമാണ് ആയുസ് കൂട്ടാനുള്ള ഉപായം ഉപാസന ചെയ്യുക പ്രാണ ഉപാസന ചെയ്യുക ആയുസാർക്കെങ്കിലും നീട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതങ്ങനെ പ്രാണൻ ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പാപത്തെ ലക്ഷ്യം ശരീരനാശത്തിന് കാരണമായിട്ടുള്ള പാവം ഉണ്ട് നിലവിലുണ്ട് അത് കാത്തിരിക്കുകയാണ് ഇതിനെ നശിപ്പിക്കുക പ്രാണ ഉപാസന ചെയ്യുമ്പോഴോ അതുകൊണ്ട് പുണ്യം വർദ്ധിക്കും ആ പാവത്തിനെ നശിപ്പിക്കും ഉപാസനയുടെ ബലമനുസരിച്ചും പാപത്തിന്റെ നാശമനുസരിച്ചും പുണ്യത്തിന്റെ വർദ്ധന അനുസരിച്ചും അത് ശതാവസ് വരെ എത്തിച്ചേരും യുക്തം സർവം ആയുധീശ്വതി പ്രസിദ്ധേഹേത്വാനെ സംബന്ധിച്ചത് ബാധകമല്ല കാരണം ഞാൻ ഈ കുറയ്ക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല അത് എങ്ങനെയാണ് ശരീരത്തിന്റെ പ്രാരംഭം അത് പുണ്യമാണെങ്കിലും ശരി പാപമാണെങ്കിലും ശരി ശരീരനാശത്തിന് കാരണമായിരിക്കുന്ന പാപം ഫലം കൊടുക്കേണ്ട സമയത്ത് ശരീരം നശിക്കും അവിടെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും തത്വജ്ഞാനി പരിശ്രമിക്കുന്നില്ല ഇത് സാധാരണ മനുഷ്യനെ കുറിച്ച് പറയണം ഉപാസകൻ എന്ന് പറയുമ്പോൾ അജ്ഞനാണ് ആജ്ഞനത് ആവശ്യമാണ് ആയുസ് നീട്ടണമെന്നൊക്കെ ആഗ്രഹം അങ്ങനെ വന്നാൽ ആയുസ് നീട്ടണം ക്ക് ആയുസിനെ കുറിച്ചിട്ടില്ല മരണത്തെക്കുറിച്ചോ നാഭിനന്ദേത മരണം നാഭിനന്ദേത ജീവിതം മരണത്തെയോ ജീവിതത്തെയോ രണ്ടിനെയും പ്രത്യേകിച്ച് കാംഷിക്കുന്നില്ല അതാണ് തത്വം ഞാനിടുന്നില്ല ജീവിതം തനിക്ക് നിലനിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇത് പോയിട്ടിന് മരണം മരണമെന്നു ഇത് രണ്ടിനെയും അഭിനന്ദിക്കുന്നതിനു രണ്ടിനെയും ഇതും പ്രത്യേകിച്ച് താല്പര്യമില്ല ഇത്ര വർഷം ജീവിച്ചിരിക്കണം എന്ന് കരുതുന്നില്ല ഇത്രാമത്തെ വർഷം കഴിഞ്ഞേയും മരിക്കാവൂ അങ്ങനെ കരുതുന്നില്ല തത്വജ്ഞാനിന്ന് അങ്ങനെയില്ല അതുകൊണ്ട് തത്വജ്ഞാനി ഒഴികെയുള്ളവരിൽ പറയുന്നു ഈ ഉപാസനം കൊണ്ട് ആയുസിനെ നീട്ടിയെടുക്കാം പാപഫലമായിരുന്ന ശരീരനാശത്തെ തടുത്ത് നിർത്താം എന്താണ് നീട്ടിയെടുക്കാൻ അതിന് ഈശ്വരന്റെ നിയമത്തിന് തടസ്സമുണ്ടിയമങ്ങളെല്ലാം ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയതാണ് പുരുഷനവൻ്റെ പൗരുഷം ഉപയോഗിച്ചാൽ മതി കിം കാരണം സർവ ആയുഷ് മിച്ചത് അതുകൊണ്ട് സർവായു എന്ന് പറയുന്നു അയ്യോ യുണം ബ്രഹ്മ ഉപാസ് തദ്വതീതി വിദ്യാബല പ്രാപ്തയർ ഹേതുർത്ഥം പുനർവചനം പ്രാണോ ഹി വീണ്ടും അതിനാവർത്തിക്കുന്നുണ്ട് കാരണം പറയുന്നു യദ്ഗുണകം ബ്രഹ്മോപാസ് ഏത് ഗുണത്തോടു കൂടിയ ബ്രഹ്മത്തെയാണോ ഉപാസിക്കുന്നത് ഉപാസികൻ ആ ഗുണം വരുന്നു ഇവിടെ പ്രാണമയനായ പുരുഷൻ അവനെയാണ് ഉപാസിക്കുന്നത് വാസ്തവത്തിൽ ബ്രഹ്മത്തെത്തന്നെ ഉപാസിക്കുന്നു പക്ഷേ സർവാത്മാവായിരിക്കുന്ന ബ്രഹ്മത്തെ അവനൊന്ന് സങ്കല്പിക്കാൻ കഴിയുന്നില്ല പ്രാണൻ സ്വാനുഭവമാണ് അതുകൊണ്ട് പ്രാണമയനായി ആ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു അതാണ് ബ്രഹ്മോപാസ്യെന്ന് പറഞ്ഞത് അവന് തദ്വന് പ്രാണനാണ് അവന് കിട്ടുന്ന ഫലം സർവ് ദീർഘായുസ് അതാണ് വിദ്യാഫലപ്രാപ്തേ ഭേദത്വർത്ഥം പുനർവചനം ഉപാസനയുടെ ഫലം ഇതാണ് തസ്യ പൂർവസ്യ അന്നമയ ശരീര അന്നമയ ശരീര ആത്മാ ഈ പ്രാണൻ അന്നമയനായിരിക്കുന്ന ആ പുരുഷന്റെ ആത്മാവാണ് അതാണല്ലോ അതിന് വ്യാപിച്ചിരിക്കുന്നു അന കാഴ്സ്തൂലമാണ് അതിനെ നിലനിർത്തുന്നു അതുകൊണ്ട് അന്നമ്മയേ ഭവ ഇത് അന്നമയത്തിൽ സ്ഥിതി അതുകൊണ്ട് ശാരീര ആത്മാഅ അതിന്റെ ശാരീരമാണ് ആത്മാവാണ് യേശ പ്രാണമേഹ അന്നമയ പുരുഷന്റെ ആത്മാവ് പ്രാണമയ പുരുഷൻ ഇനി വീണ്ടും അടുത്ത് മനോമയനെ കുറിച്ച് പറയുന്നു തസ്മുസ്മാതി യുക്താർത്ഥം വന്നേ അതിനെ വ്യാഖ്യാനിച്ചതാണ് അന്യ അന്തരാത്മാ മനോമയഹ അതിൻ്റെ ഉള്ളിലാണ് മനോമയൻ എന്ന് പറഞ്ഞാൽ അതിനെ വ്യാപിച്ചിരിക്കുന്നു അതിൻ്റെയും ആത്മാവായിരിക്കുന്നു മനയിൽ ത്മകം അന്ധകർണം തന്മയോ യഥാനമയ സങ്കൽപ്പാധ്യാത്മകം അന്ധകർണം സങ്കല്പ വികൽപ രൂപത്തിലുള്ള അന്ധകർണമാണ് മനസ്സ് തന്മയ തന്മയനായിരിക്കുന്നു യഥാന്നമയ അന്നമയന പോലെ അന്നമയനിയും പ്രാണമയനിയും പോലെ മനോമയനായ ഒരാത്മാവുമുണ്ട് സ്വയം പ്രാണമയസി ആഭ്യന്തര ആത്മാ അത് പ്രാണമയനും ആത്മാവാണ് അതിനും ശിരസും പക്ഷങ്ങളും പാലും എല്ലാം ഉണ്ട് യജുരേവ ശിരഹ അതിന്റെ അങ്ങനെ പറഞ്ഞത് മനോമയന്റെ ശിരസ് യജുസ് ആണെന്ന് മനസ്സ് സർവശരീരങ്ങളിൽ ഇരിക്കുന്ന ഒന്നാണ് അപ്പൊ മനോമയൻ എന്ന് പറയുന്നത് മനുഷ്യനും പശുപക്ഷി ആദികളും എല്ലാം ആമനവമായ പുരുഷന്റെ ശിരസ് യജുസ് ആണെന്നുള്ളത് എന്താ യജസ് അനിയത അക്ഷരപാത അവസാനവും മന്ത്രവിശേഷ വൈദികന്മാർ പറയുന്നതനുസരിച്ച് യജസ് എന്ന് പറയുന്നത് മന്ത്രമാണ് അനിയതമായ നിയതമല്ലാത്ത അക്ഷരങ്ങളും പാദങ്ങളും ഉള്ളതാണ് പദാവസ്ഥാനമായിട്ടുള്ള മന്ത്രമാണ് ഏജസ് മന്ത്രങ്ങളാണ് ഇപ്പൊ പ്രാണമയനായ പുരുഷൻസ് അന്നമയനായ പുരുഷൻ സർവശരീരങ്ങളിലുണ്ടെങ്കിലും ആ പുരുഷന്റെ ശിരസ് ഏജസ്സാണ് ഇപ്പോൾ പക്ഷി ശരീരത്തിലും മൃഗശരീരത്തിലുമെല്ലാം ഇങ്ങനെ യജുർ ശിരസ്സോടുകൂടിയോ പ്രാണമയനുണ്ടോ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു തജ്ജാതീയവചനോ യജു ശബ്ദ തസ് ശിരസ്തു പ്രാധാന്യം അപ്പോ യജുൽപ്പെട്ട മന്ത്രം അത് ശിരസ്സാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് പ്രാധാന്യം യാഗാദ് സന്നിപത്യുപകാരത ും മറ്റും നേരിട്ടുപകരിക്കുന്നു അംഗങ്ങളെ രണ്ടായി തിരിക്കും സന്നിപത്യ ഉപകാരവും ആരാധ ഉപകാരവും മീമാംസരിക്കും അതിൽ നേരിട്ടുപകരിക്കുന്നതെല്ലാം സന്നിപത്യ ഉപകാരങ്ങളാണ് യാഗത്തിൽ സ്വഹ എന്നും മറ്റും പറഞ്ഞ് ഹവിസ് അർപ്പിക്കുന്നു യജുർമന്ത്രങ്ങളാണ് സ്വഹാ കാരാദിന സ്വഹാ സ്വ എന്നെല്ലാം ഉസ്രിച്ചുകൊണ്ട് ഹവിസർപ്പിക്കുന്നു അത് യാഗത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാ ഏജസ് അത് ശിരസാണ് എന്തുകൊണ്ട് കാരണം ഈ മനോമയൻ സർവശരീരങ്ങളിലും ഉണ്ടെങ്കിലും വൈദികമായി ഉപാസന ചെയ്യുന്ന മനോമയൻ മനുഷ്യ അതുകൊണ്ട് ഉപാസനക്ക് വേണ്ടിയാണ് പറഞ്ഞത് അവന്റെ ശിരസ്സാണ് ഏജോ അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഏജസ്സുണ്ട് മന്ത്രമുണ്ട് അപ്പൊ അവന് ഭാവന ചെയ്യാൻ പറ്റും എന്താണോ ഈ മനോമയനായിരിക്കുന്ന പുരുഷന്റെ ശിരസ് യജസ്സാണോ അങ്ങനെ ഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ യജസ്സെന്ന് പറയുന്ന ഒരു സാധനം ശിരസ്സായി ഇരിക്കുന്നതുകൊണ്ടല്ല ഇത് പറഞ്ഞുള്ള വൈദികമായ ഉപാസനയാണ് വൈദികമായ ഉപാസന വേദത്തെ അറിയുന്നവനെ ചെയ്യാൻ കഴിയും അവൻ ഉപാസിക്കുമ്പോൾ ഏജസ്സിനെ ശിരസ്സായി ഉപാസിക്കുന്നു ഏജുഷാ ഹിഹൃകാരതി വാചന കി വാശിര ആദികൽപ്പന സർവത്ര എന്താണ് യുക്തി യുക്തി വേണ്ടതിൽ ശ്രുതി എങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു വാചന കീവാശിര ആദികൽപ്പന സർവത്ര ഇത് ശ്രുതി പ്രമാണം കൊണ്ട് സ്വീകരിക്കുക ശ്രുതി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക ശ്രുതി പറഞ്ഞിരിക്കുന്നു ഉപാസിക്കാൻ അതുകൊണ്ട് ഉപാസിക്കുക ശ്രുതി പറയുന്നു പിന്നെ ഫലം കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത് കിട്ടുമെന്ന് വിശ്വസിക്കുക മനസോഹി സ്ഥാന പ്രയത്നാദസ്വരവർണ പദവാക്യ വിഷയ തസങ്കൽപാത്മിക തദ്ഭാവിത അഭൃത്തി ശ്രോത്രാധികരണ ദ്വാര യജുസ്സങ്കേത വിശിഷ്ട യജുരിപ്പിച്ചത് ഇവിടെ യജുസ് എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കുന്നു മനസ്സഹി സ്ഥാനപ്രയത്നാദസ്വരവർണപദവാക്യവിഷയ വൃത്തി മനസ്സിന്റെ വൃത്തി വൃത്തിഹി യജു മനോവൃത്തിയാണ് ഇവിടെ യജസ് എങ്ങനെയുള്ള ഈ മന്ത്രങ്ങളുടെ സ്ഥാനം താല്വാദി സ്ഥാനങ്ങൾ പ്രയത്നം ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള പ്രയത്നങ്ങൾ പണിനീയ ശിക്ഷ അനുസരിച്ച് വർണ്ണങ്ങൾക്ക് സ്ഥാനങ്ങളും പ്രയത്നങ്ങളും അതുപോലെ നാദം സ്വരം വർണ്ണം വർണ്ണങ്ങൾ കൂടിച്ചേരുന്ന പദം വാക്യം ഇതിനെല്ലാം വിഷയമാക്കുന്ന മനസ്സിന്റെ വൃത്തി തത്സങ്കൽപ്പാത്മിക അതിനെക്കുറിച്ചുള്ള സങ്കല്പരൂപത്തിലെ വൃത്തി തദ്ഭാവിതാവൃത്തി ഇതുകൊണ്ടുണ്ടായ മനസ്സിൽ ഇത്തരം സങ്കല്പങ്ങളുണ്ടായി സ്ഥാനാദികളെ കൊണ്ട് അത് ശ്രോത്രാധികർണദ്വാര ശ്രോത്രാധികർണങ്ങളിലൂടെ യജുസങ്കേതവിശിഷ്ട യജുരുത്തിച്ചിരി യജുർ സങ്കേതത്തോടുകൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് യജുർവേദത്തിന്റെ വിശേഷത അതിന്റെ വർണ്ണങ്ങൾ അതിന്റെ ക്രമങ്ങൾ അതിന്റെ മന്ത്രങ്ങളുടെ സ്ഥാനപ്രയത്നാഥസ്വര വർണ്ണങ്ങൾ പദവാക്യങ്ങൾ ഇവയെല്ലാം ആരാഗ്രഹിക്കുന്ന മനസ്സാണ് ഇവയെല്ലാം ഗ്രഹിക്കുന്നതായ മനോവൃത്തി അതാണ് യജു എന്ന് പറയും എല്ലാ പുറമേ ഉള്ള കേവല ശബ്ദങ്ങളല്ല ആ ശബ്ദമുള്ളിൽ പ്രവേശിച്ച് ആ ശബ്ദത്തിന്റെ സ്ഥാനപ്രയത്നാഥസ്വര വർണ്ണഭേദങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ സങ്കല്പം അതാണ് യജു യജുസങ്കേതവിഷിഷ്ട യജു ഏവം മിർഗ് ഏവം സാമ്യത ഇതുപോലെ മിർഗിനെയും സാമത്യം മനസ്സിലാക്കണം എല്ലാ സങ്കല്പരൂപത്തിലാണ് മനോവൃത്തികളാണ് മനോമയ കോശത്തെക്കുറിച്ച് പറയുകയാണ് അത് മന്ത്രസങ്കല്പരൂപത്തിലാണ് മനോമയ കോശം എന്ന് ഉപാസിക്കുന്നു എന്താ മനസ്സിലങ്ങനെ മന്ത്രസങ്കല്പമേ ഉള്ളൂ മറ്റ് സങ്കല്പങ്ങളില്ലേ അങ്ങനെ ഉപാസിച്ചാൽ പോരെ അതുപോലെ എന്നാൽ അത് ഉപാസനയാകത്തില്ല ഉപാസനയിലൊന്ന് വിധിക്കുന്നതാണ് വിധിക്കുന്നത് പറയുന്ന അനുസരിച്ച് അതുപോലെ തന്നെ ശ്രുതി പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഉപാസിക്കുക അങ്ങനെ ചെയ്താലേ ഫലമുള്ളൂ തൻ്റെ ഭാവന അനുസരിച്ച് ഒന്നും ചെയ്താൽ അത് ഉപാസനയാകത്തില്ല ഏവം ച മനോവൃത്തിയെ മന്ത്രാണാം വൃത്തിരേ ആവർത്തിയന്റെ ഇതി മാനസോജപദ്ധ്യത ഇത് മനോവൃത്തികളാണ് മന്ത്രം എന്ന് പറയുന്നത് ആത്യന്തിക മന്ത്രം അതുകൊണ്ടാണ് മനോവൃത്തി മന്ത്രമാണ് വൃത്തിദേവ ആവർത്തിയതേ മനോവൃത്തികളെ ആവർത്തിക്കാൻ പറ്റും മനസ്സിലൊരു സങ്കല്പം വന്നു കഴിഞ്ഞാൽ ആ സങ്കല്പത്തെ നമുക്ക് ആവർത്തിക്കാൻ പറ്റും അത് ബാഹ്യവസ്തുവല്ല ഈ പുസ്തകത്തെ എനിക്ക് ആവർത്തിക്കാൻ കഴിയത്തില്ല പക്ഷേ എന്റെ ഉള്ളിലുള്ള സങ്കല്പത്തെ എനിക്ക് ആവർത്തിക്കാൻ കഴിയും മന്ത്രാണാം വൃത്തിരേവ ആവർത്തിയന്തേ മന്ത്ര വൃത്തി മന്ത്രാണാം മനോവൃത്തിവേ മന്ത്രാണാം മന്ത്രങ്ങൾ മനോവൃത്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വൃത്തിരേവ ആവർത്തി മാനസോജപോ അതുകൊണ്ടാണ് വേദത്തിൽ മാനസജപത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് ചില വൈദികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് സഹസ്രം ഫലം വാശികമായ ഉച്ചാരണത്തെക്കാൾ സഹസ്രഫലമാണ് മാനസജപത്തിന് മാനസജപം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇതിനെ ആവർത്തിക്കുക ജപിക്കാന്ന് വെച്ചാൽ ആവർത്തിക്കുക അത് മനോവൃത്തിയാണെങ്കിൽ ആവർത്തിക്കാൻ പറ്റും വസ്തുവാണെങ്കിൽ ആവർത്തിക്കാൻ കഴിയത്തില്ല അപ്പോൾ ഇത് വസ്തുവിന്റെ വൃത്തിയാണ് യജുസ്മരൂപത്തിലുള്ള മന്ത്രങ്ങൾ മനോവൃത്തികളാണ് അന്യഥ അവിഷയത്വ മന്ത്രം ഒന്ന് ആവർത്തിശുപതി മാനസോ ജപോ നോഭവ അന്യഥ അവിഷയത്വ മന്ത്രമെന്ന് ആവർത്തിശു ഘടാധിപതി അത് മനസ്സിന്റെ വൃത്തിയല്ലെങ്കിൽ അതിൽ ആവർത്തിക്കാൻ കഴിയത്തില്ല ഘടാധിപത് പാത്രവും മറ്റും പുസ്തകവും മറ്റൊന്നും ആവർത്തിക്കാൻ കഴിയുക മനോവൃത്തി അങ്ങനെ ആവർത്തിക്കാൻ കഴിയും ആ സങ്കല്പത്തെ ആവർത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് മാനസിക ജപം വാശികമായ ജപം എന്താണ് ശബ്ദത്തെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രാവർത്തിച്ചോദ്യതേ ബഹുശ കർമ്മസു കർമ്മങ്ങളിൽ പലതരത്തിലും മന്ത്രാവൃത്തിയെ പറയുന്നുണ്ട് വിധിക്കുന്നു മന്ത്രാവർത്തിച്ച വിധിക്കുന്നു അക്ഷരവിഷയസ്മൃതി ആവൃത്തിയാ മന്ത്രവൃത്തി പറയുന്നു കേവലം അക്ഷരത്തെ എന്റെ സ്മരണം അഗ്നിമിയിലെ പുരോഹിതം അക്ഷരം കേട്ടു അക്ഷരത്തെ സ്മരിക്കുന്നു എന്നിട്ടിതിനെ ആ സ്മരണയെ ആവർത്തിക്കുക അതല്ലേ മന്ത്രാവർത്തി എന്ന് പറയുന്നത് അതിനപ്പുറം എന്താണ് വേദത്തിൽ പറയുന്നു മന്ത്രത്തെ ആവർത്തിക്കുക കേട്ട മന്ത്രത്തെ ഏട്ട മന്ത്രം എന്ന് പറയുന്നത് എന്താണ് സ്മൃതി അപ്പോൾ സ്മൃതി ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യാർത്ഥ സംഭവ മന്ത്രത്തെ ആവർത്തിക്കാനാണ് പറഞ്ഞത് മന്ത്രത്തെ തന്നെ ആവർത്തിക്കുന്നത് സ്മൃതിയല്ല മന്ത്രസ്മൃതിയെ അല്ല ത്രി പ്രഥമം ത്രിവിത്തമാ ആദ്യത്തെ മന്ത്രങ്ങളെ മൂന്ന് തവണ പിന്നീട് വരുന്ന ഇർക്കുകളെ മൂന്നോണെന്ന് ഇർക്കിൽ പറയുന്നു കർമ്മപ്രകടനം മൂന്നും മൂന്നും ആവർത്തി കാണിക്കുന്നുണ്ട് അത് മനോവൃത്തികളാണ് അല്ലാതെ ശബ്ദങ്ങളല്ല നേരത്തെ പറയുന്ന അനുസ്ഥാന പ്രയത്ന നാഥസ്വര വർണ്ണപാദ വാക്യവിഷയസങ്കൽപാത്മിക വൃത്തി അങ്ങനെയുള്ള വൃത്തിയുടെ ആവർത്തനമാണ് ശബ്ദത്തിൻ്റെ ആവർത്തനം അല്ല ഇതെല്ലാം അവിടെ വരണം ആവൃത്തി അപ്പോൾ ജപം എന്ന് പറയുന്നത് കേവലം സ്മൃതിയുടെ ആവർത്തി അല്ലെങ്കിൽ വൈദികമായി പറഞ്ഞിരിക്കുന്നതാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇത് യോഗിക്കുന്ന കാര്യമാണ് സ്മൃതിയുടെ ആവർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ശബ്ദത്തെ ശ്രവിച്ച ശബ്ദത്തെ സ്മരിച്ചിട്ട് അതിനെ ആവർത്തിക്കുക അവിടെ ശബ്ദം മാത്രമേ കാണത്തുള്ളൂ മറ്റൊന്നും കാണത്തില്ല മറിച്ചാണെങ്കിലവിടെ സ്ഥാനം പ്രയത്നം നാദം സ്വരം വർണം പദം വാക്യം ഇതിനെല്ലാം വിഷയമാകും ശബ്ദത്തെ മാത്രമല്ല വൈദികമായ മന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ശബ്ദത്തോട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം വിഷയമാക്കും മാനസിക സ്മൃതിയുടെ ആവർത്തനതാണ് ജപം എന്ന് പറയുന്നത് അതാണ് നമ്മൾ പരാതി പറയുന്നത് എന്താണോ ജപിക്കുന്നുണ്ട് പക്ഷെ മനസ്സവിടെയില്ല നമ്മൾ പറയാ മനസ്സവിടെയില്ല എന്ന് എന്തവിടെ ചെയ്യുന്നു കേവലം ആ സ്മൃതിയുടെ ആവർത്തി മാത്രം ജപം നിന്നിട്ടില്ല വേറെ കാര്യം ചിന്തിക്കുന്നു ജപിക്കുന്നോണ്ട് ചിന്തിക്കുന്നുണ്ട് രണ്ടും ഒരേ സമയം എന്തുകൊണ്ട് മനസ്സിൽ ഒരു സ്മൃതിയുണ്ട് ഒന്നുമ്പ് കേട്ട മന്ത്രത്തിന്റെ സ്മൃതി ആ സ്മൃതിയുടെ ആവർത്തി നടന്നുകൊണ്ടേ മറ്റു വിഷയങ്ങളെയും ചിന്തിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണോ മനസ്സ് പല നാനാ വിഷയങ്ങളിൽ ഇങ്ങനെ മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവിടെയെല്ലാം എന്താ സ്മൃതി ആവർത്തിയാണ് മുമ്പ് ഉണ്ടായ സ്മൃതികളുടെ മനസ്സ് ചിന്താതാണ് പലപ്പോഴും സ്മൃതിയുടെ ആവർത്തനമാണ് ഇപ്പൊ ജബു അങ്ങനെ ആയിക്കോ അങ്ങനെ ആയിക്കോ മനസ്സ് അതൊരു വൃത്തി ഒരു സ്മൃതി തീടാ വൃത്തി മറ്റ് അനേകം ഭാവനകൾ കൽപ്പനകൾ സ്മൃതികൾ ഇതെല്ലാം കൂടി മനസ്സിൽ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കും ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു പറയും അത് മുഖ്യാർത്ഥ അസംഭവ ജപത്തിന്റെ മുഖ്യാർത്ഥമുണ്ട് നമ്മൾ പറയും മനസ്സോടെ നിൽക്കുന്നില്ല ജപം നടക്കുന്നുണ്ട് പക്ഷെ മനസ്സ് നിൽക്കുന്നില്ല എന്തുകൊണ്ട് മനസ്സിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്കും പോകും എന്തുകൊണ്ടാണ് മനസ്സിൽ നിൽക്കുന്നില്ലെന്ന് പറയുന്നത് നാനാവശ്യം കണ്ടെന്ന് പറയുന്നത് ഇവിടെ വൈദിക മന്ത്രത്തെ എന്ന് പറഞ്ഞു അവിടെ മനസ്സിൽ നിൽക്കേണ്ടതെന്നൊക്കെയാണ് സ്ഥാനം പ്രയത്നം നാദം സ്വരം വർണം പദം വാക്യം ഇതിൽ സമഗ്രമായിട്ട് മനസ്സ് നിൽക്കുന്നു സത്സങ്കൽപാത്മിക ആ സങ്കല്പത്തോടുകൂടി അവ കേവലമായ സ്മൃതിയുടെ ആവർത്തിക്കുപരിയായി ആ മന്ത്രത്തോട് ചേർന്ന് നിൽക്കേണ്ട സങ്കല്പങ്ങളുണ്ടെങ്കിൽ മനസ്സവിടെ നിൽക്കും അല്ലെങ്കിൽ കേവലം ആവർത്തി മാത്രമാവും അതിനോട് ചേർന്ന് വരേണ്ട എന്തൊക്കെയാണ് മന്ത്ര ആവൃത്തിയിൽ മനസ്സ് നിലനിൽക്കുന്ന മറ്റ് വിഷയങ്ങൾക്ക് പകരമായി ഇവിടെ സ്ഥാനവും പറയുന്നതും പോലെ നിരവധി വിഷയങ്ങൾ അവിടെ ഉണ്ടാകാം നിരവധി വിഷയങ്ങൾ മന്ത്രത്തിന്റെ അടുത്ത ഭാവന മന്ത്രത്തോട് ചേർന്ന് വരുന്ന രൂപഭാവന തുടങ്ങി മന്ത്രത്തോട് ചേർന്ന് വരുന്ന ആധ്യാത്മികമായ നിരവധി വിഷയങ്ങൾ വരെ സജാതീയ പ്രത്യേകങ്ങൾ ഒരേ സ്വഭാവത്തിലുള്ള പ്രത്യേകം അതിന്റെ ആവർത്തി അതിന്റെ ആവർത്തി വന്നു കഴിഞ്ഞാൽ മനസ്സ് മറ്റു വിഷയങ്ങളെയും കടന്നു അതുകൊണ്ട് ആവർത്തി എന്ന് പറയുന്നെങ്കിൽ അവന് സ്മൃതി ആവർത്തിയല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഖ്യാർത്ഥം ജപോ എന്ന് പറയുന്നതിന്റെ മുഖ്യാർത്ഥം കിട്ടാതെ അതുകൊണ്ട് ഇവിടെ മന്ത്രത്വത്തെ സംബന്ധിച്ച് പറയുന്നു തത്രയിച്ചോ വിഷയത്വേ തത് വിഷയ സ്മൃത്യാവർത്തോ ചക്രിയമാണായ ത്രിതി പ്രഥമം അന്വാഹേദി ദുർഗാവർത്തർ മുഖ്യു അർത്ഥോദിത പരിത്യക്ത സ തത്രിച്ചോ അഭിഷയത്വേ ആ ഇർക്കിനെ വിഷയമാക്കാതെ തദ്വിഷയ സ്മൃതി ആവർത്തു ആ ഇർക്കിനെ സംബന്ധിച്ചുള്ള കേവല സ്മൃതി ആവർത്തിക്കുകയാണെങ്കിൽ ചക്രിയമാണ് ആദ്യത്തെ തൃക്കുകളെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കണം മനസ്സിൽ തൃക്കാവർത്തർ മുഖ്യ വാർത്ത അതാണ് മുഖ്യമായി ചോദ്യതാണ് വിധിച്ചത് പരിത്യക്തസി അത്യജിക്കപ്പെടും അതുകൊണ്ട് കേവലമായ ഒരു സ്മൃതിയുടെ ആവർത്തിയല്ല മറിച്ച് ആ മന്ത്രത്തിൻ്റെ തന്നെ ആവർത്തിയാണ് അപ്പം ആ മന്ത്രം അവിടെ മനോപടി രൂപത്തിലായി അത് അതിനാവർത്തിക്കുന്നു മനസ്സിൽ മറ്റത് മന്ത്രത്തിനൊക്കെ വലസ്മരിക്കുക ചേട്ട മന്ത്രത്തെ സ്മരിക്കുക മന്ത്രത്തെക്കുറിച്ചുള്ള ഒരു സ്മരണ മാത്രം ഇവിടെ അങ്ങനെയല്ല മന്ത്രത്തെ ആവർത്തിക്കുന്നു മനസ്സുകൊണ്ട് ആവർത്തിക്കുന്നു മന്ത്രം സ്വയം മനോവൃത്തി രൂപത്തിലാണ് അതുകൊണ്ട് ആവർത്തിക്കാൻ കഴിയുന്നു തസ്മാ മനോവൃത്തി ഉപാധി പരിച്ഛിഹ്നം മനോവൃത്തി നിഷ്ടം ആത്മചൈതന്യം അനാദി നിധനം ആത്മവിജ്ഞാനം മന്ത്ര ഇപ്പോൾ വാസ്തുവത്തിൽ മന്ത്രങ്ങളെന്ന് പറയുന്നത് എന്താണോ ആത്മചൈതന്യം തന്നെ എല്ലാം ആത്മചൈതന്യം അല്ലേ പിന്നെന്താ മന്ത്രങ്ങൾ ആത്മചൈതന്യം എന്ന് പറയുന്നത് കാരണം ഇവിടെ ആ മന്ത്രത്തെ ആശ്രിച്ചുള്ള ഉപാസനയാണ് എന്നിട്ട് അതിനെക്കുറിച്ച് എന്തിക്കുകയാണ് ഈ മന്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ് മനോവൃത്തി ഉപാധി പരിഛന്നം മനോവൃത്തികളാകുന്ന ഉപാധികളാൽ പരിച്ഛിന്നമായിരിക്കുന്നു കാരണം ഒരു മന്ത്രത്തെ മനസ്സിൽ സ്മരിക്കുമ്പോൾ ആ മന്ത്രം മാത്രമേൻ്റെയുള്ളൂ അപ്പം ആ മന്ത്രരൂപത്തിലുള്ള വൃത്തി മാത്രമേ ഉള്ളൂ ആ മന്ത്ര രൂപത്തിലുള്ള വൃത്തികളെ കൊണ്ട് ആ മന്ത്രം പരിച്ഛന്നമായിരിക്കുന്നു ഓം എന്ന് മനസ്സിൽ സ്മരിക്കുമ്പോൾ എന്തോ മനോവൃത്തി ഓമിന്റെ രൂപത്തിലാവുന്നു ഏതൊരു ശബ്ദത്തെയാണോ സ്മരിച്ചതാരൂപത്തിലാവുന്നു ബാഹ്യമായി എങ്ങനെയാണോ ശബ്ദത്തെ ആവർത്തിക്കുന്നത് ഓം ഓം എന്ന് അതുതന്നെ തന്നെ മനസ്സിനും ആവർത്തിക്കുന്നു മനോവൃത്തി ഉപാധി പരിച്ഛന്നം മനോവൃത്തിയാകുന്ന മനോവൃത്തി നിഷ്ഠം മനോവൃത്തി എന്ന് പറയുന്നത് ചൈതന്യം കൂടാതെ നിൽക്കത്തില്ല വൃത്തിയുണ്ട് അവിടെ ചൈതന്യമുണ്ട് ആത്മചൈതന്യം മനോവൃത്തിനിഷ്ഠമായ ആത്മചൈതന്യം അനാദിനിധനം അനാദിയായി സ്ഥിതി ചെയ്യുന്നതാണ് അനാദിയായ ആത്മതത്വം തന്നെ യജുസ്ശബ്ദവാശികൾ അതുതന്നെയാണ് യജുസ് ഉപാസകൻ യജസ്സിനെ അങ്ങനെ കാണണം ആത്മവിജ്ഞാനം മന്ത്രാഹ അങ്ങനെയുള്ള ആത്മവിജ്ഞാനമാണ് മന്ത്രങ്ങൾ മനോവൃത്തി എന്ന് പറഞ്ഞാലും മനോവൃത്തി ചൈതന്യം കൂടാതെ നിൽക്കില്ല അതുകൊണ്ട് അത് ചൈതന്യ രൂപത്തിലാണ് ആണ് മന്ത്രങ്ങൾ ഏവച്ച നിത്യത്വത്തിർ വേദാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദങ്ങൾ നിത്യമായി സ്വീകരിക്കും വേദമെന്ന് പറയുന്ന കേവലം അക്ഷരമല്ല മറിച്ചത് മനോവൃത്തിയാണ് അക്ഷര രൂപത്തിലുള്ള മനോവൃത്തികളാണ് ആ മനോവൃത്തികളോ അത് ആത്മചൈതന്യത്തിൽ നിന്നും വേറിട്ടില്ല അത് ആത്മചൈതന്യുണ്ട് ആത്മചൈതന്യമോ അനാദിനിധനമാണ് നിത്യമാണ് അതാണ് മന്ത്രങ്ങൾ അപ്പോൾ മന്ത്രം നിത്യമായി അപ്പോൾ ചൈതന്യ രൂപത്തിൽ മന്ത്രങ്ങൾ നിത്യമാണ് അപ്പം വേദം നിത്യമാണെന്ന് പറയുന്നതിന്റെ താല്പര്യം പറയും വേദം നിത്യമാണെന്ന് പറയുമ്പോൾ അത് അക്ഷര രൂപത്തിൽ നിത്യമെന്നുള്ളതല്ല ഞാൻ വേദം ചൊല്ലുന്നു അഗ്നിമിയിലെ അടുത്ത നിമിഷം ആ ശബ്ദം പോയി അതങ്ങനെ നിത്യമാകും വേറൊരാൾ ചൊല്ലുന്നു ഞാൻ ചൊല്ലിയ ശബ്ദം അല്ലാതെ നഷ്ടപ്പെട്ടു അപ്പൊ വേദം നിത്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് വേദം ശബ്ദം മനോവൃത്തി രൂപത്തിലുള്ളതാണ് ശബ്ദം എങ്ങനെയാണ് മനോവൃത്തി രൂപത്തിലുള്ളതാകുന്നു ശബ്ദത്തെ ഉച്ചരിക്കുന്നു ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ എന്നുച്ചരിക്കുമ്പോൾ മനസ്സിലാ സങ്കല്പം വരുന്നു ആ സങ്കല്പത്തോടുകൂടി സങ്കല്പപൂർവകമായിട്ടാണ് ഉച്ചരിക്കുന്നത് ആ എന്ന് സങ്കല്പമില്ലാത്തവന് ആ ശബ്ദത്തെ ഉച്ചരിക്കാൻ കഴിയുന്നത് ഉച്ചാരണത്തിൽ ഗ്രഹണത്തിലും അങ്ങനെയല്ല എന്ന ശബ്ദം സങ്കൽപ്പരൂപത്തിലാണ് ഗ്രഹിക്കുന്നത് ശബ്ദത്തെ ഗ്രഹിച്ചു എന്ന് പറയുന്നു എന്തിനാഗ്രഹിച്ചത് ശബ്ദം ക്ഷണികമായി നിശ്ചോയി പിന്നെ ഉള്ളിലിരിക്കുന്നത് എന്താണ് മനോവൃത്തിയാണ് ഉള്ളിലിരിക്കുന്ന ആന്ന് പറയുന്നത് മനോവൃത്തിയാണ് ശബ്ദമല്ല ശബ്ദം പുറമേ വന്നു പുറമേ തന്നെ നശിച്ചു ഉള്ളിലിരിക്കുന്ന അങ്ങനെ പുറമേ നശിച്ചിട്ടും അത് ഉള്ളിലിരിക്കും അപ്പൊ ശബ്ദം എന്താണ് മനോവൃത്തിയാണ് മന്ത്രങ്ങൾ മനോവൃത്തി രൂപമാണ് മനോ മനസ്സോ ചൈതന്യം തന്നെ അതുകൊണ്ട് ശബ്ദരൂപത്തിൽ അത് അനിത്യമാണ് പക്ഷേ ചൈതന്യ രൂപത്തിൽ അത് നിത്യമാണ് നിത്യത്വത്തിൽ ഭേദാനും വേദങ്ങൾ നിത്യമാണെന്നുള്ളതിനും യുക്തി വന്നു അങ്ങനെയാണെങ്കിൽ മറ്റ് ശബ്ദങ്ങളോ മറ്റ് ശബ്ദങ്ങളും നിത്യം തന്നെയിരിക്കും പക്ഷേ അതിനല്ല ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നു ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്ന വൈദ്യ മന്ത്രങ്ങളെയാണ് അതുകൊണ്ടാണ് ഉപാസന ചെയ്താലേ ഫലമുണ്ടാവും ഇതെ ശാസ്ത്രമാണ് ഉപാസനയുടെ ഫലത്തിന്റെയൊക്കെ ശാസ്ത്രമാണ് അവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ആ ശബ്ദങ്ങളിലൂടെ തന്നെ ഉപാസന ചെയ്യുന്നു വൈദിക ഉപാസന ചെയ്യും ലൗകിക ശബ്ദങ്ങളിലൂടെ പോലെ അതുകൊണ്ട് ആ ശബ്ദങ്ങളുടെ പ്രത്യേകത പറയുന്നു അത് മനോവൃത്തിയാണ് മനോവൃത്തി ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ അന്യഥാ വിഷയത്തെ രൂപാധിപതി അനിത്യത്വം ചസ്യത് യുക്തം അല്ല ഇതിലെ ബാക്കിയ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടായി ശ്രവണേന്ദ്രിയ വിഷയമായി ൂപാധികൾ അതാത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ് അതെല്ലാം നശിക്കുന്നു അതുപോലെ ഈ ശബ്ദവും നശിക്കും സർവവേദങ്ങളും സർവ ശബ്ദരാശി രാശിയും പേർക്കാമ രൂപത്തിലുള്ള ഈ മന്ത്രങ്ങളെല്ലാം എവിടെയാണോ ഏകീഭവിക്കുന്നത് ഏതൊരു മന്ത്രത്തിലാണോ ഏകീഭവിക്കുന്നത് എന്നാണ് ഏതൊരു വേദത്തിലാണോ ഏകീഭവിക്കുന്നത് സ ഏതാണാ വേദം ഏതാണാ മന്ത്രം ആത്മാവ് മാനസീന മനസ്സാകുന്ന ഉപാധിയോട് കൂടിയവൻ ആത്മാ മനസ്സിനും ആധാരമായിരിക്കുന്ന ആത്മാവാണ് അവിടെയാണ് ഈ വേദമന്ത്രങ്ങളെല്ലാം ഒരുമിക്കുന്നത് ഒന്നായിത്തീരുന്നത് എന്തുകൊണ്ട് പറയുന്നു വേദത്തെ അനേകമെന്ന് പറയുന്നു ചെറു വേദ രൂപത്തിലത് അനേകമാണ് പക്ഷേ അതിന് ഏകമെന്നും പറയുന്നു അതെങ്ങനെ ഏകമാകും നാനാ മന്ത്ര രൂപത്തിലുള്ള വേദം ഏകമാകുന്നെങ്ങനെ പറയുന്നു അവിടെ ആത്മാവൻ വേദങ്ങളിൽ ഏകമായിത്തീരുന്നു അതെങ്ങനെയെന്ന് പറഞ്ഞു കാരണം അത് ആത്യന്തികമായി മനോപൃത്തിയാണ് മനോപൃത്തി ചൈതന്യത്തിൽ വേറെയല്ല അപ്പൊ അതെല്ലാം ചെയ്തമായി ഏകമായി ഇതിചെ ശ്രുതിർ നിത്യ ആത്മനാ ഏകത്വം ധ്രുവതി സമഞ്ജസാസ്യം ഇവിടെ എന്താണ് പറയുന്നത് നിത്യ ആത്മനാ ഏകത്വം ധ്രുവതി നിത്യാത്മാവുമായി ഇത് ഏകമാണെന്ന് പറയുന്ന ശ്രുതി എന്ത് മന്ത്രങ്ങൾ വേദങ്ങൾ ആത്മാവിൽ നിന്ന് വേറെയെല്ലാം കുറയും അത് എങ്ങനെ ശരിയാകും ദുർഗാദിനാൽ നിത്യത്വേ ദീർഘാദികളെ നിത്യമായി സ്വീകരിച്ചാലേ അത് നിത്യവും ദൃഗാദികളെങ്ങനെ നിത്യമായി സ്വീകരിക്കാം ചൈതന്യ രൂപത്തിൽ വേദം നിത്യമാണെന്ന് പറഞ്ഞാൽ ചൈതന്യം നിത്യം എന്നുള്ള അർത്ഥത്തിൽ ശരിയാണ് അക്ഷരങ്ങൾ നിത്യം എന്നുള്ള അർത്ഥത്തിലുള്ള ഈച്ചവും അക്ഷരേ പരമേ വ്യോമിനി അസ്മിൻ ദേവ അധിവിശ്യേ നിഷേധു വീണ്ടും പറയുന്നു വിവർച്ച ഈ മന്ത്രങ്ങൾ അക്ഷരേ പരമേ വ്യോമിനി പരമ ആകാശത്തിൽ അക്ഷരത്തിൽ യസ്മിൻ ദേവ അതി വിശ്വ നിഷേധ അതിൽ സ്ഥിതി ചെയ്യുന്നു ഈർത്തികളെല്ലാം പരവുമായ അക്ഷരത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്ങനെ താതാത്മ്യൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ശബ്ദങ്ങളും പരമാത്മാവിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു ചിന്തിച്ച മന്ത്രം പറയുന്നത് ശ്രുതി എന്നെ പറയുന്നു ശ്രുതി അങ്ങനെ പറയുന്നത് കൊണ്ട് വേദം നിത്യമാണ് ചൈതന്യ രൂപത്തിന് നിത്യമാണ് അങ്ങനെയുള്ള ഗജുസ്വാദി മന്ത്രങ്ങളെയാണ് ബാസിക്കേണ്ടത് ആ ദിവസം അത്ര പറയുന്നു അന്നയം പുരുഷവിധ തസ്യ ദക്ഷിണപക്ഷ ദക്ഷിണപക്ഷാണ് ആദേശ ആത്മാദേശ ആത്മാതിന് വ്യാഖ്യാനിക്കുന്നു ആദേശ അത്ര ബ്രാഹ്മണം അതിദേഷ്ടവിശേഷ അതിദിശതീതി ഇവിടെ ആദേശം എന്ന് പറയുന്നത് കൊണ്ട് ബ്രാഹ്മണത്തെ എടുക്കണം എന്തുകൊണ്ട് അതിഥേഷ്ടവ്യ വിഷയാണ് വിശേഷം ഉപദേശിക്കേണ്ട വിഷയങ്ങളെ അതിഥിശരി ഉപദേശിക്കുന്നു അതുകൊണ്ട് മുമ്പും പറഞ്ഞപ്പോ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു ഓരോ പുരുഷന്റെയും ഇവിടെ എന്താണ് പറയുന്നത് ഈ മനോമയമായ പുരുഷന്റെ ആത്മാവ് ആദേശമാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണ് ബ്രാഹ്മണമാണ് തെർക്കു ഏജുസ്താമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ മന്ത്രങ്ങൾ ഇനി വേദത്തിൽ തന്നെയുണ്ട് ബ്രാഹ്മണഭാഗം മന്ത്രം മാത്രമല്ല മന്ത്ര ബ്രാഹ്മണയോർ വേദ മന്ത്രവും ബ്രാഹ്മണവും ചേരുന്നതാണ് വേദം അപ്പൊ ബ്രാഹ്മണഭാഗം അതാണ് ഇതിന്റെ മധ്യഭാഗം അടുത്തവിടെ പറയുന്നു ആദേശ ആത്മാ അത് വ്യാഖ്യാനിക്കുന്നു കർമ്മപ്രാധാന്യ പുച്ഛം പ്രതിഷ്ഠ അധർവണ അങ്കരസാജിഷ്ട്ര അധർവൻ അങ്കിരസൻ തുടങ്ങി യേശുമാരാൽ ദുഷ്ടമായ മന്ത്രങ്ങൾ ബ്രാഹ്മണവും അതെന്താണ് ശാന്തിക പൗഷ്ടികാദി പ്രതിഷ്ഠാഹേതു കർമ്മപ്രധാന അതിൽ എന്താണ് ശാന്തികം പൗഷ്ടികം തുടങ്ങിയ കർമ്മങ്ങൾക്ക് പ്രധാനമുണ്ട് ഈ മന്ത്രങ്ങളിൽ എന്തുകൊണ്ട് അവയെല്ലാം പ്രതിഷ്ഠാ ഹേതുവാണ് ലോകത്തിലെ സ്ഥിരമായ സ്ഥിതി അതാണ് പ്രതിഷ്ഠ അതിന് ഹേതുവാണ് അതുകൊണ്ട് കുച്ഛം പ്രതിഷ്ഠ അതുകൊണ്ട് ഇവിടെ കുച്ഛം പ്രതിഷ്ഠ എന്ന് പറയാം കാരണം ഇവിടെ പറഞ്ഞു കുച്ഛം പ്രതിഷ്ഠ പ്രതിഷ്ഠയാണ് കുച്ഛം അപ്പോ ഉച്ഛമായിരിക്കുന്നത് എന്താണോ അധർവണ അങ്കിരസിഷ്ഠ മന്ത്രാഹ ബ്രാഹ്മണൻ ആ മന്ത്രങ്ങളും ബ്രാഹ്മണമാണ് എന്തുകൊണ്ടത് പ്രതിഷ്ഠയായി ശാന്തിക പൗഷ്ടിക പ്രതിഷ്ഠ ഹേതു കർമ്മം അതിൽ ചർച്ച ചെയ്യുന്നു പ്രതിഷ്ഠയ്ക്ക് ഹേതുവായിരിക്കുന്നു കർമ്മത്തെ അവിടെ ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് പ്രതിഷ്ഠ എന്നുള്ളതുകൊണ്ടിവിടെ ഈ മന്ത്രത്തെയും ബ്രാഹ്മണത്തെയും എടുക്കുന്നു ഏത് മന്ത്രം അധ്രവണൻ അങ്കരസും പറഞ്ഞ മന്ത്രം അത് പ്രതിഷ്ഠയ്ക്ക് ഹേതുവായതുകൊണ്ട് എങ്ങനെ പ്രതിഷ്ഠയ്ക്ക് ഹേതുവായി ശാന്തികം പൗഷ്ടികം തുടങ്ങിയ കർമ്മങ്ങൾ പ്രതിഷ്ഠയ്ക്ക് ഹേതുവാണ് ആ കർമ്മ ഈ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും അതുകൊണ്ട് ഇതിനെയും പ്രതിഷ്ഠ എന്ന് പറയാം അതാണ് കുച്ഛം ഈ പുരുഷന് പുച്ഛമായിരിക്കുന്നതാണ് തദപേക്ഷ ശ്ലോകോ ബോധി ഈ മന്ത്രങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു മനോമയാത്മ പ്രകാശിക മനോമയനായ ആത്മാവിനെ ഇത് പ്രകാശിപ്പിക്കുന്നു എങ്ങനെയാണോ ആനന്ദമയനും പ്രാണമയനുമായ ആത്മാവിനെ പ്രകാശിപ്പിച്ച് അതുപോലെ മനോമയനായ ആത്മാവിനെയും പ്രകാശിപ്പിക്കുന്നു ഈ മന്ത്രങ്ങൾ യോ വാചോ നിവർത്തേ അപ്രാപ്യ മനസാനന്ദം ബ്രഹ്മണോ വിൻ നേതി കശേഷ ശാരീര ആത്മാ പൂർവ് തസ് എന്താത് മനോമയാ അന്യോ അന്തര ആത്മാവിജ്ഞാനമയ പൂർണ്ണ സവാ പുരുഷവിധവിധതാ അന്വയം പുരുഷവിധേവ ശിര ृतम योग आत्मा भवदी, विज्ञानमु मनोमयन पुष्ने മനോമയനായ പുരുഷൻ തന്നെയാണ് പരമപുരുഷനായിരിക്കുന്നത് ആ മനോമയമായ പുരുഷൻ തന്നെയാണ് ആനന്ദമയനായിരിക്കുന്നത് ആനന്ദ സ്വരൂപനായിരിക്കുന്നത് ആ പുരുഷനെ അറിയുന്നവൻ നമ്മേദി കഥാ രചന ഒരിടത്തും ഒന്നിനെയും ഭേദമില്ല യാതികാരങ്ങളിൽ നിന്നും അന്മുക്തനായിരിക്കുന്നു ഇത് മനോമയനും പ്രാണമയനും വിജ്ഞാനമയനുമായിരിക്കുന്ന ആ പുരുഷന്റെ ആത്മാവിനെക്കുറിച്ച് പറയും മനോമയനെയും വിജ്ഞാനമയനയുമെല്ലാം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ീ പുരുഷന്മാരുടെയും ആത്മാവായിരിക്കുന്ന പരമപുരുഷനെ ഗ്രഹിക്കാനാണ് ഈ പുരുഷന്മാരെപ്പോലും ബുദ്ധി കൊണ്ട് പൂർണ്ണമായും ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നിരിക്കെ ഇതിലും ആന്തരികമായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന പരമപുരുഷൻ എങ്ങനെ ഗ്രഹിക്കും എന്നുള്ള ഉപായങ്ങളോട് പറയുന്നു ഒരുപാസന ഉപാസന ഉപാസനയിലൂടെ വേറെ വേറെ പുരുഷന്മാരെ അഗ്രഹിക്കുന്നു ഉപാസനയുടെ ഫലമായും പറയുന്നു ഉപാസനയ്ക്ക് ഫലമുണ്ട് അത് ശ്രേഷ്ഠമായ ഫലമാണ് അതിലൂടെ ഉപാസനയിലൂടെ ഈ ജീവനെ ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും അതിനു വേണ്ടിയിട്ടാണ് ഉപദേശം ഉപാസനയുടെ ഫലം ഇവിടെ പറയുന്നത് മുഖ്യമല്ല നമ്മൾ കാരണം ഇവിടുത്തെ മുഖ്യഫലം എന്ന് പറയുന്നത് എന്താണ് പരമാത്മപ്രാപ്തി ഉപാസന ചെയ്യുന്നവന് താത്കാലികമായ ഫലങ്ങളും ഉണ്ടാകും നേരത്തെ പറഞ്ഞു ധാരാളം അന്നം ഉണ്ടാകും അതല്ല അന്നമയമായ ഇത് പുരുഷനാണ് ആ പുരുഷൻ മറ്റ് പലരോടും താതാന്യപ്പെട്ടിരിക്കുന്നു അത് പരമാത്മാവിനോട് താതാന്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള തത്വജ്ഞാനമാണ് ഇവിടെ മുഖ്യം അതുകൊണ്ടാണ് ഇവിടെ ഇതിനെല്ലാത്ത നീ പുരുഷന്മാരായി ചിത്രീകരിക്കുന്നത് സാധാരണ പഞ്ചകോശങ്ങള് വിശദീകരിക്കുന്നത് നേതി നിഷേധിക്കാൻ വേണ്ടിയാണ് നന്മയമല്ല പ്രാണമയമല്ല മനോമയമല്ല എന്ന് നിഷേധിക്കാൻ വേണ്ടി അതിന്റെ തത്വത്തെ പറയും അതേസമയം അതിന്റെ ഉപാസനയും പറയും പക്ഷെ ഇതിൽ നിന്നാണ് പഞ്ചകോശ വിവേചനം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിരുന്നതിൽ നിന്നും പക്ഷെ ഇതിൽ ആ പഞ്ചകോശേ ഇവിടെ നേതി നേതിയല്ല അത് മാത്രമല്ല മറിച്ച് അതിനെ ചൈതന്യമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടൊന്നും മണി